പറയുക എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളിലാണ് ഞാനുള്ളത് എന്നാൽ നിങ്ങൾ അതിനെ നിഷേധിച്ചു നിങ്ങൾ വേഗത്തിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻറെ പക്കലില്ല വിധി അള്ളാഹുസ് ബഹാനഹുവ തായാലായുടെ മാത്രമാണ് അവൻ സത്യം വിവരിക്കുന്നു വിധി തീർപ്പാക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അവനാകുന്നു